ം പതിനേഴ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രയേൽ ഗ്രഹത്തോട് ഒരു കടംകഥ പറഞ്ഞ് ഒരു ഉപമാ പ്രസ്താവിക്കേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ ഒരു വലിയ കഴുകൻ ലബനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരം എടുത്തു അവൻ അതിന്റെ ഇളം ചില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ളൊരു ദേശത്ത് കൊണ്ടുചെന്നു കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു അവനതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു അതു വളർന്നു പൊക്കം കുറഞ്ഞ പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു അതിന്റെ വള്ളി അവങ്കലേക്ക് തിരിയണ്ടതും അതിന്റെ വേർ അവനെ കീഴ്പെടേണ്ടതും ആയിരുന്നു ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു എന്നാൽ വലിയ ചിറകും വളരെ പപ്പുമുള്ള മറ്റൊരു വലിയ കഴുകൻ ഉണ്ടായിരുന്നു അവനത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തന്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കയ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു ഇത് സാധിക്കുമോ അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവനതിന്റെ വേരുകളെ മാന്തുകയും കായ് പറയുകയും ചെയ്യുകയില്ലയോ അതിനെ വേരോടെ പിഴുതുകളയേണ്ടതിന് വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല അത് നട്ടിരിക്കുന്നു സത്യം അത് തഴയ്ക്കുമോ കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകയില്ലയോ വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുമെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ പറകാം യഹോവയുടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗ്രഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബേൽ രാജാവ് എരുശലേമിലേക്ക് വന്ന് അതിന്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടു കൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജസന്തതിയിൽ ഒരുത്തനെ അവനെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവന്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു പറവാൻ ദൂതന്മാരെ മിസ്രൈമിലേക്ക് അയച്ചു അവൻ കൃതാർത്ഥനാകുമോ ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റിയൊഴിയുമോ അല്ല അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതിപ്പോകുമോ എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായ ബാബേലി അവന്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവനോട് ചെയ്ത സത്യം അവൻ ഭിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ ഹുജനത്തെ നശിപ്പിച്ചു കളവാൻ തക്കവണ്ണം അവർ വാടകോരി കൊത്തളം പണിയുമ്പോൾ പറവോൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനുവേണ്ടി യുദ്ധത്തിലൊന്നും പ്രവർത്തിക്കയില്ല അവൻ ഉടമ്പടി ലംഘിച്ച് സത്യം ധിക്കരിച്ചിരിക്കുന്നു അവൻ കൈയ്യടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു ആകയാൽ അവൻ ഒഴിഞ്ഞു പോകയില്ല അതുകൊണ്ട് യഹോമയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണേ അവൻ ധിക്കരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ കണിയിൽ അകപ്പെടും ഞാനവനെ ബാബയിലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ചവനോട് വ്യവഹരിക്കും അവന്റെ ശ്രേഷ്ഠയോധാക്കളൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും ശേഷിപ്പുള്ളവരോ നാലു ദിക്കിലേക്കും ചിതറിപ്പോകും യഹോവയായ ഞാൻ അതരുളി ചെയ്തു എന്ന് നിങ്ങളറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരമെടുത്ത് നടും അതിന്റെ ഇളഞ്ചില്ലികളുടെ ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും ഇസ്രയേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാനത് നടും അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായിച്ച് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരും അതിന്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു